കുട്ടസ്തു ഖല സോമ്യം സാധിതി ഓവാച കഥം അസാതേതി ശ്രുതി എന്ന് ചോദിക്കുന്നു കുത്തു സ്വമേവസൈതെങ്ങനെ സംഭവിക്കും എങ്ങനെ അസത്തായിരിക്കും ശൂന്യമായിരിക്കും എങ്ങനെ അസത്തുണ്ടാകും അതുകൊണ്ട് പറയുന്നത് സത്ത് തന്നെയായിരുന്നു തദ്ദേ വി മഹാവൈനാശികം പ്രതിഷേധിതഗ്രഹണം നേരത്തെ പറഞ്ഞു ആ സുദേവ എന്ന് പറഞ്ഞാണ് വിപരീതഗ്രഹണം മഹാവൈനാശിക പക്ഷം എന്ന് പറയുന്ന ശൂന്യവാദി നേരത്തെ അതിനെ പരാമർശിച്ചു അതിന് ദർശയിത്വ പ്രതിഷേധത്തി അതിനൊന്നിവിടെ കാണിച്ചിട്ട് നിഷേധിക്കുന്നു ഇതെങ്ങനെ സംഭവിക്കും അസത്തിൽ നിന്ന് സത്തെങ്ങനെ ഉണ്ടാകും ഇത്യവും ഇതെങ്ങനെ സംഭവിക്കുന്ന കുത്തേവ സംഭവതി എങ്ങനെ സംഭവിക്കുമെന്ന് ചോദ്യം ചോദിച്ചാലും താല്പര്യം അങ്ങനെ സംഭവിക്കില്ല ഒരു പ്രമാണം കൊണ്ടും സംഭവിക്കത്തില്ല ഹസ്വത്തിൽ നിന്ന് സത്ത് ഉണ്ടാകത്തില്ല എങ്ങനെ അത് സംഭവിക്കാൻ എന്താണ് അതിനെ കുറിച്ച് മഹാ വൈനാശികന്മാർ അതായത് ശൂന്യവാദികൾ എന്ത് പറയുന്നു അവർ പറയുന്നു യഥി ബീജോമർ അങ്കുരോ ജായമാനോ ദുഷ്ടോ അഭാവി എന്താ പറയുന്നത് എല്ലാം നാശത്തിൽ നിന്നാണ് സൃഷ്ടിയുണ്ടാകുന്നത് അങ്ങനെ ഒരു ഉദാഹരണം പറയുന്നു ബീജം നശിച്ചിട്ട് അങ്കുരം ഉണ്ടാവും അങ്കുരം ഉണ്ടായതിനു ശേഷം ബീജം നിലക്കാറുണ്ടല്ല അങ്കുരത്തിന്റെ നാശം അതിൽ നിന്ന് ബീജം മുളയുണ്ടാകുന്നു വിഷമുണ്ടാവും അപ്പം നാശത്തിൽ നിന്നാണല്ലോ ഉണ്ടാവുന്നു അല്ലെങ്കിൽ വിക്ഷം ഉണ്ടാകുമ്പോൾ അവിടെ ബീജവും കാണും അത് സാധാരണ കാണാറില്ല ബീജം നശിക്കുന്ന വിത്ത് നശിച്ചു പോകും എന്നിട്ടതിൽ നിന്ന് സസ്യം ഉണ്ടാകും അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാം നാശം ആണ് സൃഷ്ടിക്ക് കാരണം എവിടെയോ ആ വിത്തിന് പൂർണമായൊരു നാശം സംഭവിച്ചു അപ്പോൾ അവിടെ ആ പുതിയ ഒരു ചെടി ആരംഭിച്ചു അതാണ് അവർ പറയും സാമാന്യമായി നോക്കുമ്പോൾ അത് ശരിയാണ് കാരണം ഒരു പുതിയൊരു സസ്യം ഉണ്ടാകുമ്പോൾ അത് ബീജത്തിൽ നിന്നാണ് ഉണ്ടായത് പക്ഷേ ബീജം നശിച്ചുള്ളൂ ബീജം കാരണമെന്ന് പറഞ്ഞാൽ അത് പറയാൻ കഴിയത്തില്ല കാരണം അത് ബീജമായിരുന്നിടത്തോളം കാലം അതിൽ നിന്ന് സസ്യം ഉണ്ടായില്ല വിത്തായിരിക്കുന്നിടത്തോളം കാലം അതിൽ നിന്നും സസ്യം ഉണ്ടാകുന്നില്ല എപ്പോഴാണോ ആ സസ്യം ഉണ്ടാകുന്നതായി നമ്മൾ കാണുന്നത് അപ്പോൾ മനസ്സിലാക്കുന്നു അവിത്ത നശിച്ചു അതല്ലാതായി കഴിഞ്ഞു പിന്നെ നമുക്ക് അതിൽ നിന്ന് രണ്ടാമതൊരു സസ്യം ഉണ്ടാകത്തില്ല എന്തുകൊണ്ടാണ് രണ്ടാമതൊന്നും ഉണ്ടാകാത്തത് കാരണം അത് നശിച്ചു പോകും അപ്പോൾ ഒരു സസ്യം ഉണ്ടാവണമെങ്കിൽ വിത്തം നശിച്ചേ നമ്മൾ പറയുന്നു കാരണഗതിയിൽ എന്താ വരുന്നത് ആ വിത്താണ് ആ സസ്യത്തിന് കാരണവും അവർ വരെ ശരിയല്ല വിത്ത് കാരണമാണ് ഒരു പരിധിവരെ കാരണം അത് കാരണമല്ല ശരിക്കും കാരണം അത് വിത്തായിരിക്കുന്നിടത്തോളം കാലം സസ്യം ഉണ്ടാവുന്നില്ല എപ്പോഴാണ് സസ്യം ഉണ്ടായത് അപ്പോൾ വിത്ത് നശിച്ചു അപ്പൊ വിത്താണോ കാരണം അതേ വിത്തിന്റെ നാശമാണോ കാരണമായിട്ട് പറയുന്നത് നേരിട്ടുള്ളതാണ് വിത്താണെന്ന് പറയാൻ കഴിയില്ല കാരണം വിത്തായിരിക്കുമ്പോൾ സസ്യമുണ്ടാവും അത് വിത്ത് നശിക്കുമ്പോൾ സസ്യം ഉണ്ടാകും കാരണം ബീജ ഉപമൃതി അങ്കുരോ ജായമാണോ ദുഷ്ടോ ബീജനാശത്തിൽ അങ്കുരം ഉണ്ടാകുന്നതാണ് കാണുന്നത് അഭാവദേവേരി അതുകൊണ്ട് അഭാവത്തിൽ നിന്നാണ് സർവമുണ്ടാകുന്നത് ഒരു ദൃഷ്ടാന്തത്തിൽ പറയുന്നു തത് അഭ്യപകമ വിരുദ്ധം തീഷാം പറയുന്നു അത് അവർ പറയുന്നവരുടെ സിദ്ധാന്തത്തിന് തന്നെ വിരോധമാണ് അങ്ങനെ ഒരു സിദ്ധാന്തം അവർക്ക് പറയാൻ പറ്റത്തില്ല എല്ലാം ശൂന്യതയിൽ നിന്ന് വരുന്നു സാധാരണ ഇതൊന്നും ചിന്തിക്കാത്തവരും പറയും എവിടേക്ക് പോകുന്നു ഇത് ജീവനെ കുറിച്ച് പറയുമ്പോൾ പറയും ഒരു ദീപം ജോലിക്കുന്നു അത് കാണിക്കുന്നു ദീപം എവിടുന്നാ വന്നതറിയില്ല ആശൂന്യതയിൽ നിന്ന് വന്നു അതുപോലെ അത് അണയുന്നു ഇല്ലാതാവുന്നു എവിടെ പോകുന്നു അറിയില്ല ശ്രീനിധിയിലേക്ക് പോയി ഇതെല്ലാം ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം പറയുന്നത് ആത്യന്തികമായിട്ട് ജീവനിൽ ജീവന്റെ സ്വഭാവം എന്താണ് അതിന്റെ ജന്മമുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നാശമുണ്ടോ ജന്മം എന്താണ് മരണമെന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം എടുക്കുന്നത് കഥം എങ്ങനെയാണ് അത് വിരോധമായി വരുന്നത് ഈ പ്രകാശം എവിടെ നിന്നോ വന്നു ജ്വലിച്ചു എവിടേക്ക് പോയി എവിടെയൊന്നും വന്നെന്നറിയില്ല അതുകൊണ്ട് അത് ശൂന്യമാണ് അതുപോലെ ഒരു ജീവൻ അങ്ങനെ പ്രകാശിക്കുന്നു ശൂന്യതയുണ്ട് പിന്നെ അത് ശൂന്യതയിലേക്ക് പോകുന്നു നശിക്കുന്നു അതോടുകൂടി എല്ലാം അവസാനിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിലെന്താ ദോഷം എന്നൊരു ദോഷമുണ്ട് ഏതാവത് ബീജ അവയവഹ ബീജ സംസ്ഥാന വിശിഷ്ടാഹ അങ്കുര പെനുവർത്തൻതേവോ എന്ന തേക്ഷ്യാം ഉപമൃദവും അങ്കുരഞ്ജൻ പറയുന്നത് ഒരു സ്ഥൂലമായ യുക്തിയാണ് അത് നശിക്കുമ്പോൾ ബീജമായി ഇരിക്കുമ്പോൾ സസ്യമില്ല സസ്യമുണ്ടാകുമ്പോൾ ബീജം നശിച്ചു അതുകൊണ്ട് നാശം കാരണമാണെന്നെല്ലാം പറയുന്നത് വളരെ സ്ഥൂലമായ ഒരു യുക്തിയാണ് കേവല തർക്കമാണ് എന്തുകൊണ്ട് ആ ബീജത്തിൻ്റെ അവയവങ്ങൾ അതുതന്നെയാണ് ഈ സസ്യത്തിലുള്ളത് അത് ബീജം നശിക്കുന്നു പറയുന്നത് ശരിയാണ് പക്ഷെ ആ ബീജത്തിന്റെ അംശങ്ങൾ നാശത്തെ മാത്രം സ്വീകരിച്ചാൽ പോരാ ആ ബീജത്തിന്റെ അംശങ്ങൾ അതുതന്നെ സസ്യത്തിലേക്ക് വരുന്നത് അങ്ങനെ പറയുന്നു തവത് ബീജ അവയവാഹ ബീജസംസ്ഥാന വിശിഷ്ട ബീജ ആകൃതി പറയുന്നത് നാശമെന്ന് പറയുന്നത് എന്താണോ ആ ബീജത്തിന്റെ ആകൃതി നഷ്ടപ്പെട്ടു പോകുന്നു ആശ്ചര്യം അത് നീണ്ടിരുന്നു അല്ലെങ്കിൽ ഉരുണ്ടിരുന്നു സസ്യം അത് പോയി പക്ഷെ അതിന്റെ അംശങ്ങൾ അത് നശിക്കുന്നത് അതിനാണ് അതിന്റെ അവയവന്ന് പറയുന്നത് ആ പ്രത്യേക ആകൃതിയിലിരുന്ന ആ ബീജത്തിന്റെ അംശങ്ങൾ അങ്കുരയെ പെരുവർത്തുന്നത് അത് സസ്യത്തിലുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ആ ബീജത്തിൽ നിന്ന് ആ അങ്കുരം ഉണ്ടാകുന്നത് അങ്കുരത്തിൽ നിന്ന് വീണ്ടും അതേ ബീജം ഉണ്ടാകുന്നു അപ്പോൾ ഇതിങ്ങനെ അനുവർത്തിക്കുകയാണ് വന്ന ദേഷാം ഒമ്പടത്തോ അങ്കുരജന്മനി അതുകൊണ്ട് ബീജം നശിക്കുന്നു എന്ന് പറയുന്ന അബദ്ധമാണ് മറിച്ച് അവിടെ വളരെ സൂക്ഷ്മമായൊരു പരിണാമം സംഭവിക്കുന്നു പരിണാമം സംഭവിച്ചിട്ട് ആ ബീജത്തിൽ നിന്ന് വേണ്ടതെല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് ആ സസ്യം ജനിക്കുന്നത് നാശത്തിൽ നിന്നല്ല ശൂന്യവാദികൾ മഹാവൈനാശികന്മാരുടെ പക്ഷത്തോടെ ഇങ്ങനെ നിഷേധിക്കുകയാണ് ഇത് മഹാവൈനാശിക പക്ഷം എന്ന് പറയുന്നത് അന്നത്തെ നില ഇതൊക്കെ സാധാരണ ഇതൊന്നും അറിയാത്ത സാധാരണ മനുഷ്യൻ അവന്റെ അസംസ്കൃതമായ പ്രാകൃത ബുദ്ധി കൊണ്ടും ചിന്തിക്കുന്നതാണ് ഈ കാര്യങ്ങൾ അതുകൊണ്ടിത് അന്ന് എഴുതി വെച്ച ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ മാത്രമല്ല എന്നും മനുഷ്യ അങ്ങനെയൊക്കെ ചിന്തിക്കും അതുകൊണ്ടാണ് അദ്വൈതത്തിന് വിചാരത്തിന് ഇത്രയും പ്രാധാന്യം വരുന്നു കാരണം മനസ്സ് എന്ന് പറയുന്നത് അത് എപ്പോഴും വികല്പങ്ങളുണ്ടായി ഇവിടെ ഉപദേശിക്കാൻ പോകുന്നത് എന്താണ് തത്വം മസി അതാണോ ക്ക് കാരണമായിരിക്കുന്ന അതാണ് എന്ന് പറയുന്നത് സത്താണ് അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ ഒരു മനസ്സും അത് സ്വീകരിക്കും സംസ്കൃതമായ മനസ്സായാലും ശരി അസംസ്കൃതമായ മനസ്സായാലും ശരി സംസ്കൃതമായ മനസ്സെന്ന് പറയുന്നത് ശാസ്ത്ര സംസ്കാരമാണ് ഇതിനെക്കുറിച്ചെല്ലാം ആത്മാവിനെക്കുറിച്ച് മുക്തിയെക്കുറിച്ച് മറ്റാചാര്യന്മാർ ശാസ്ത്രങ്ങൾ എന്തു പറയുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് സംസ്കൃതമായ മനസ്സിലാവരെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് സംസ്കൃതമായ മനസ്സാണ് വൈനാശികന്മാർ എന്നു പറഞ്ഞാൽ വൈശേഷികന്മാർ അപ്പോൾ അവർക്കും അത് സ്വീകരിക്കാൻ കാരണം അവരിൽ കുറിച്ച് കുറച്ച് ചിന്തിച്ചിരിക്കുന്നു മനസ്സിലാക്കിയിരിക്കുന്നു ഇനി അതാണ് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റില്ല അതിനുള്ള വികല്പമെന്ന് പറയുന്നു മുഖ്യമായും വികല്പം സംശയങ്ങൾ പലതരത്തിൽ അതെങ്ങനെയാകും എങ്ങനെ എന്തുകൊണ്ട് പല സംശയങ്ങളും പിന്നെ അസംസ്കൃതമായ മനസ്സ് വെറും പ്രാകൃതമായ മനസ്സ് അവനോട്ട് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നുകിൽ അവൻ അജ്ഞാനമായിരിക്കും മുഖ്യമായിട്ട് അതായത് അവനൊന്നും ഭരിക്കത്തില്ല അവൻ്റെ മനസ്സിൽ ഒന്നും മനസ്സിലാകത്തില്ല അതുകൊണ്ട് സംശയം ഒരുക്കത്തില്ല കേവലം അജ്ഞാനം അങ്ങനെ അല്ല ഇനി ശാസ്ത്ര സംസ്കാരമില്ല പ്രാകൃതനാണ് പക്ഷെ ബുദ്ധിയുള്ളവനാണ് എങ്കിൽ അവന് വിപരീതമുണ്ടാവും വിപരീത ബോധമുണ്ടാവും പറയുമ്പോൾ നീ അതാണെന്ന് പറയുമ്പോൾ ഞാൻ അതാണ് എന്ന് ധരിക്കുന്ന മറ്റെന്തിനെങ്കിലും ആയിരിക്കും അസ്തിത്വം ഉണ്മ ബോധം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ വിപരീത ഗ്രഹണം ഉണ്ടാവും അപ്പോ ശാസ്ത്ര സംസ്കാരമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഈ ഉപദേശം കേട്ടുകഴിഞ്ഞാൽ മുഖ്യമായും വികൽപങ്ങൾ പ്രാകൃതനാണെങ്കിൽ ഒന്നുകിൽ അജ്ഞാനം അല്ലെങ്കിൽ വിപരി ഇത് മൂന്നും മനസ്സിന്റെ ദോഷങ്ങളാണ് ചിത്തദോഷങ്ങളാണ് ഈ ദോഷങ്ങളെ പരിഹരിക്കുന്നതിനാണ് ഇവിടെ വിചാരം അപ്പൊ ഇതെല്ലാം വിചാരത്തിന്റെ ഭാഗമാണ് അദ്വൈതത്തിന് ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ല എന്തിനാണ് ഈ ചർച്ച ഇപ്പോ ന്യായം പഠിച്ചിട്ടില്ല വൈശേഷ്യം അറിയത്തില്ല മീമാംസ ഇല്ല ബൗദ്ധ സിദ്ധാന്തങ്ങളൊന്നും അറിയില്ല പിന്നെ എനിക്കെന്തിനാ അതിൻ്റെ ആവശ്യം പക്ഷെ ഒന്നും അറിയാത്തൊരുവനെ സംബന്ധിച്ചിടത്തോളവും അവൻ്റെ ഉള്ളിൽ പ്രാകൃതമായ സംസ്കാരങ്ങളുണ്ട് അതുകൊണ്ട് അവനി വരുന്ന അജ്ഞാന വിപരീയങ്ങളും ഇല്ലാതാക്കണം വികല്പങ്ങളല്ലെങ്കിൽ അജ്ഞാനവിപര്യം അതില്ലാതാക്കണമെങ്കിൽ അപ്പോ അത് അതിൻ്റെ ഭാഗമായി ഇതെല്ലാം വരും എന്നാൽ അത് വേണ്ട ഇതെല്ലാം വിട്ടിട്ട് ഇതൊന്ന് ധ്യാനിച്ചാൽ പോലെ അങ്ങനെ ചിലർ ചിന്തിക്കുന്നു ഈ എന്താണ് ചർച്ച അല്ലെങ്കിൽ വിചാരം ഇതെല്ലാം പാടെ ഉപേക്ഷിച്ചിട്ട് ധ്യാനിച്ചാലും അങ്ങനെയാകാം അതുപക്ഷെ അദ്വൈതത്തിന്റെ വഴിയാണ് അദ്വൈതത്തിന്റെ വഴിയാണ് ധ്യാനം എന്ന് പറയുന്നത് വിചാരമാണ് അദ്വൈതത്തിന്റെ വഴി കാരണം ധ്യാനം എന്ന് പറയുന്ന മനസ്സിനെ മനസ്സിന് ചിന്തയല്ല മറിച്ച് മനസ്സിന്റെ ചിന്തകളെ നിരോധിക്കുകയാണ് അവിടെ അവിടെ വിചാരത്തിന്റെ നിരോധമാണ് സംബന്ധിക്കുന്നത് ഇവിടെ മറിച്ച് വിചാരമാണ് രണ്ടും രണ്ടും രീതിയിലാണ് അതിന് ഏത് മൂഢനും കഴിയും ധ്യാനം എന്ന് പറയുന്നു മനസ്സിനെ നിരോധിക്കുക എന്ന് പറയുന്നു കാരണം മനസ്സിനെ നിരോധിക്കുന്നതിനുള്ള എളുപ്പം പറഞ്ഞു മനസ്സിനൊരിടത്ത് ഏകാഗ്രപ്പെടുത്തുക അപ്പോ അതിന് മൂഢതയാണ് കൂടുതൽ സഹായിക്കുന്നത് വിവേകത്തെക്കാളും വിവേകമുള്ളവൻ ചിന്തിക്കും അതെന്തുകൊണ്ട് ചിന്തകൾ എനിക്ക് അവൻ്റെ മനസ്സിൽ വകല്പങ്ങൾ മറ്റങ്ങനെയല്ല കേവല ശ്രദ്ധ മാത്രമാണ് ഗുരു പറയുന്ന നെയ്യും <questionlichidée> <small> ramata, <viißn> <perspective> െ ധ്യാനിക്കുക ശിവലിംഗത്തെ ശിവമായി ധ്യാനിക്കുക സാളഗ്രാമത്തെ വിഷ്ണുവായി ധ്യാനിക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു ഉപായം നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധയോടുകൂടി അതിനെ പിന്തുടരും അപ്പം അവിടെ എന്തു വരുന്നു വിചാരത്തിന്റെ ആവശ്യമുണ്ട് ചിന്തയുടെ ആവശ്യമുണ്ട് ഒരു വിഷയത്തിൽ മനസ്സിന്റെ ഏകാഗ്രത കൊണ്ട് മറ്റ് വിഷയങ്ങളിൽ നിന്നുള്ള ചിന്തകളെല്ലാം ഇല്ലാതാവുന്ന വൃത്തികളെല്ലാം നിരോധിക്കും നിദ്രയെപ്പോലും ഒരു വൃത്തിയായി സ്വീകരിച്ചുകൊണ്ട് അതിനെ നിരോധിക്കും പക്ഷെ അതിനുള്ളൊരു ദോഷം എന്താണോ അത് അദ്വൈതത്തിന്റെ മാർഗമാണ് അദ്വൈതത്തിന്റെ മാർഗമാണ് യോഗി ദ്വൈതിയാണ് പതഞ്ജല മാർഗം അദ്വൈത മാർഗമാണ് ഇവരെ ചർച്ച ചെയ്യുന്ന അദ്വൈതമാണ് രണ്ടും കൂടെ കൂട്ടിക്കുഴക്കരുത് അപ്പൊ അത് ആവശ്യമുള്ളവർക്ക് അത് ചെയ്യാം ഏകാഗ്രമായിട്ട് എവിടെയെങ്കിലും മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി മനസ്സിനെ നിരോധിക്കുക രണ്ടിൻ്റെയും ഫലം രണ്ടാണ് മനസ്സിന് നിരോധ സംസ്കാരം വന്നു കഴിഞ്ഞാൽ മനസ്സ് സമാധിയിലേക്ക് പ്രവേശിക്കുക മുറിവ് ചിത്തഭൂമികകളിലേക്ക് ചിത്തത്തിന്റെ കാലാവസ്ഥകളിലേക്ക് മനസ്സ് ചിത്ര ഭൂമികളിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ അസാധകന് പലതരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകുന്നു പലതരത്തിലുള്ള സിദ്ധിവിശേഷങ്ങളുണ്ടാകുന്നു അതിനെ യോഗശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അവിടെ അതിൻ്റെ നേരിട്ടുള്ള ഫലം മനസ്സ് ചിത്തഭൂമികളിലേക്ക് പ്രവേശിക്കുന്നു തിരുത്തമ്പര പ്രജ്ഞ എന്നെല്ലാം പറയുന്നത് യോഗശാസ്ത്രങ്ങളിലും മറ്റും സ്വീകരിക്കുന്നു പക്ഷെ അത് ദ്വൈതസാധന ദ്വൈതത്തിന്റെ ഫലം അപ്പൊ ആ രീതിയല്ല ലോകത്ത് കൂടുതൽ പ്രചരിക്ക പ്രചരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും അതാണ് കാരണം എന്തുകൊണ്ട് അത് സർവ്വസാധാരണമായി ആർക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ് പിന്നെ പലരും അതും അദ്വൈതമാണെന്ന് ഭ്രമിച്ചിട്ടുള്ളവർക്കുണ്ട് ഇതൊന്നുമുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാത്തത് വൃത്തി നിരോധത്തിന്റെ മാർഗം വേറെയാണ് അദ്വൈതത്തിന്റെ വിചാരമാർഗം വേറെയാണ് ഇതും അറിയത്തില്ല ഇവിടെ വൃത്തി നിരോധം അല്ല ചെയ്യുന്നു ഇവിടെ വിചാരം ഇവിടെ പ്രത്യേകിച്ച് ചിത്തഭൂമികളിലേക്കൊന്നും പ്രവേശിക്കുന്നു അവിടെ വിചാരം കൊണ്ട് അജ്ഞാന സംശയവിപര്യങ്ങളെ ദൂരീകരിക്കുന്നു അതാലിവിടെ അതിൽ മുഖ്യമായി വരുന്ന വികല്പം മൂന്ന് ദോഷങ്ങൾ അജ്ഞാനം വിപര്യം വികല്പം അതിൽ ഏറ്റവും പ്രധാനമായി വരുന്ന വികല്പം ഈ വികല്പത്തെ വിചാരം കൊണ്ടേ ഇല്ലാതാക്കാൻ പറ്റും വേറെ വഴിയില്ലായിരുന്നു യോഗശാസ്ത്രത്തിനും വിപരീത മറ്റും പറയുന്നുണ്ട് സാധനം എന്നുള്ള പക്ഷെ മുഖ്യം എന്ന് പറയുന്നത് അവിടെ കൃത്യനിരോധമാണ് പ്രാണായാമം പോലെയുള്ള അഭ്യാസങ്ങൾ യോഗശാസ്ത്രത്തിൽ പറയുന്നുണ്ടെങ്കിലും അതൊന്നും യോഗശാസ്ത്രത്തിലെ മുഖ്യസാധന അവിടെ അതെല്ലാം അതിനെ സഹായിക്കുന്നൂ മുഖ്യമായി വരുന്ന എന്താണ് ധ്യാനം ധാരണ സമാധി അവർത്തി നിരോധം ആരംഭിക്കുന്നത് ധ്യാനത്തിൽ അത് സമാധിയിലെത്തിക്കുന്നു ഇവിടെ അതല്ല വൃത്തി നിരോധത്തിലൂടെ സമാധിയിലെത്തുകയായിരുന്നു ഇവിടെ സമാധി എന്ന് പറയുന്നത് ആത്മാവ് തന്നെ സമാധി അതെല്ലാവരും സമാധിയില്ല ആത്മബോധത്തിന് തടസ്സമായിരിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങൾ അജ്ഞാന സംശയവിര്യങ്ങളെ മാറ്റുന്നു അതിന് പ്രധാനമായും വരുന്ന വികല്പമാണ് വിപരീത ചിന്തകൾ അത് എവിടെയെപ്പോ വരുന്നു പറയുന്നു തത്ത് മസീന്ന് അപ്പോൾ അത് ഒന്നും മനസ്സിലാകാതിരിക്കും അജ്ഞാനം വരും അല്ലെങ്കിൽ അതിന് വിപരീതമായി ഗ്രഹിക്കും എന്താണ് ആ തത്വം അതിനെക്കുറിച്ച് എന്താണ് ത്വം ഇതെല്ലാം വിപരീതമായി ആഗ്രഹിക്കും രണ്ടും അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്താണാ പറഞ്ഞത് അതെങ്ങനെ ശരിയാകും എങ്ങനെ താൻ ആ തത്വം തന്നെയാകും ആ വികല്പങ്ങളെയാണ് ഇവിടെ പറയുന്നത് വൈശേഷികന്മാര് നൈകായികന്മാര് സന്ധ്യന്മാര് മീമാൻസകര് വൈനാശികന്മാരെന്നൊക്കെ പറയുന്നതാണ് ഈ വികല്പങ്ങൾ മുഖ്യമായിട്ട് ഈ ചിന്തകളാണ് ഇതാ ശാസ്ത്ര സംസ്കാരമുള്ളവനും ഇങ്ങനെ വരും ഈ പേരിൽ വരും ന്യായവൈശേഷി ഈ തരത്തിലൊക്കെ വരും ആ ശാസ്ത്ര സംസ്കാരം ഇല്ലാത്തവനാണെങ്കിൽ പ്രാകൃതമായ രീതിയിൽ വരും ഇതേ കാര്യങ്ങൾ തന്നെ അവൻ്റെ സഹജമായ ബുദ്ധിയിൽ വരും ഇന്നത്തെ ബുദ്ധിജീവികൾക്കൊക്കെ വരുന്നത് പോലെ ഇത്ര ശാസ്ത്ര സംസ്കാരമില്ലാത്തവർ ബുദ്ധിജീവികളാണെങ്കിൽ അവർ പ്രാകൃത മനസ്സ് അവർ സ്വാഭാവികമായിട്ട് വേറെ മനസ്സിൽ ഇതിനു വിപരീതമായ പല ആശയങ്ങളും വരും അതങ്ങനെ ശരിയാകും അപ്പം എങ്ങനെയാണോ ഇവിടെ ഈ സംസ്കൃതമായ വികല്പങ്ങളെ ഇത് നിരാകരിക്കുന്നത് ഈ വിചാരം വിചാരത്തിലുള്ള ബോധ്യം വരുന്നത് ഉദാഹരണം പറഞ്ഞാൽ അശൂന്യത്തിൽ നിന്നാണോ ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തത്വം മസി തത്വം എന്ന് പറഞ്ഞിരിക്കുന്ന അശൂന്യത്തെയാണ് അങ്ങനെ വരാം താൻ ആത്യന്തികമായിട്ട് അശൂന്യമാണ് അശൂന്യത്തിലേക്ക് വന്ന് ശൂന്യത്തിലേക്ക് പുതിയത് സ്വാഭാവികമായിട്ട് വരാം പ്രാകൃതമായ ഒരു ബുദ്ധിക്ക് അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവിക്ക് വരാം ഈ ശാസ്ത്രീയമായ ചർച്ച കൊണ്ട് അതൊന്ന് സഹജമായി വരുന്ന ഇത്തരം വികല്പങ്ങളെയും നിഷേധിക്കുന്നു അവന് ബോധ്യം വരുന്നതാണ് സത്താണ് അതിന് കാരണമായിരിക്കുന്നത് ആ വികല്പത്തെ നിരാകരിക്കുന്നു പ്രധാന സത്താണ് അക്കാര്യത്തിൽ പിന്നെ വികല്പമില്ല വികല്പില്ലാതായി ഇല്ലാതാവുന്നു അവിടെ സമാധിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാകുന്നു ഒരൊറ്റ സമാധിയോ സവികല്പം നിർവികല്പം സബീജം നിർബീജം എന്ന് പറയുന്ന ദ്വൈതസമാധികളൊന്നും അദ്വൈതമൊക്കെ മനസ്സിലാക്കുന്നവർക്ക് ഇതിന്റെ വ്യത്യാസം അറിയത്തില്ല കാരണം പിൽക്കാലത്ത് ഇതെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് അഭീനപരമായി അതുകൊണ്ട് എന്താ അദ്വൈതം എന്താണ് അദ്വൈതം എന്നുള്ളത് അദ്വൈതം പറയുന്നവർക്കും അറിയത്തില്ല എന്താണ് അദ്വൈത സാധന എന്താണ് ദ്വൈതസാധനത്തില്ല ആർക്കും അറിയത്തില്ലന്നല്ല സാമാന്യമായി അറിയത്തില്ല അപ്പൊ അത് നമ്മൾ മനസിലാക്കിയിരിക്കും അപ്പൊ അതുകൊണ്ട് ഇത് ഇങ്ങനൊരു ചർച്ച അനാവശ്യമാണെന്ന് തോന്നിപ്പോ അല്ല ശരി ഇത് ആർക്ക് അനാവശ്യമായി തീരുന്നു ടത്തുമസിന്ന് കേൾക്കുമ്പോ ആരുടെ മനസ്സിലാണോ അജ്ഞാനോ സംശയ വിര്യങ്ങളോ ഉണ്ടാകാത്തത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച അനാവശ്യമാണ് അവിടെ ഈ ചർച്ചയുടെ യാതൊരു പ്രസക്തിയില്ല അത് ആ വ്യക്തിയിൽ ശാസ്ത്ര സംസ്കാരം ഉണ്ടായാലും ശരിയില്ലെങ്കിലും ശരി അത് സംസ്കൃത ബുദ്ധി എന്ന് പറഞ്ഞാലും ശരി പ്രാവൃത ബുദ്ധി എന്ന് പറഞ്ഞാലും ശരി ഏത് സ്വഭാവത്തിൽപ്പെട്ട അന്ധക്കരണമായാലും ശരി ഒരാൾക്കത് കേൾക്കുമ്പോൾ മനസ്സിൽ യാതൊരു വികല്പവും ഉണ്ടാകുന്നില്ല വികല്പം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ അജ്ഞാനവും പാടില്ല എന്ത ബുദ്ധിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വകല്പം ഉണ്ടാകത്തില്ല പക്ഷെ അജ്ഞാനവും കാണുന്നുണ്ട് പിന്നെ വിപരിയും ഉണ്ടാകാൻ അവിടെ പിന്നീട് വിചാരത്തിൻ്റെ ആവശ്യമാണ് പക്ഷെ ഇവിടെ ഇപ്പോൾ വിചാരമാണ് കാണിക്കുന്നത് കാരണം ഇത് പലതവണ ഉപദേശിക്കുന്നു പലതവണ ഉപദേശിക്കുന്നൊരു ഭൂയ ഏവമേ ഭഗവാൻ വിജ്ഞാപയുന്നു ചിതയുതു ആവശ്യപ്പെടുന്നുണ്ട് ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കി തന്നാൽ പറഞ്ഞ കാര്യങ്ങൾ എന്താ ഒന്നുകൂടി മനസ്സിലാക്കാൻ പറയുന്നു അതെങ്ങനെ സംഭവിക്കും വികല്പം വരുന്നു അവിടെ അവിടെ ശാസ്ത്ര സംസ്കാരമുള്ളവനും വരും പ്രാകൃതനും വരും അവിടെ ഈ വിചാരം ഒഴിവാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ വിചാരമെന്ന് പറയുന്നത് അദ്വൈതം എത്ര കാലം നിലനിൽക്കുമോ അത്രയും കാലം ഈ വിചാരത്തെ നിലനിൽക്കും അല്ലാതെ ഇത് ഒഴിവാക്കാൻ പറ്റില്ല അല്ല മുമ്പ് ഏതോ ഒരു കാലഘട്ടത്തിൽ ആരോ എഴുതി വെച്ച കാര്യങ്ങൾ അത് നമ്മളിന്ന് അദ്വൈതം അദ്വൈതൾ എന്തിനു ചിന്തിക്കുന്നു ഈ കാലത്തിൽ ഇതിന് പ്രസക്തിയില്ലാന്ന് അങ്ങനെ പലരും പറയാറുണ്ട് എഴുതാറും പറയാറുണ്ട് അതൊക്കെ അബദ്ധമാണ് അതുകൊണ്ടുകൂടി ആ ഒരു ചിന്തയെ വികല്പത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പറഞ്ഞു ഇത് മറ്റൊന്ന് അശുദ്ധശൂന്യത്തിൽ ഇതെല്ലാം ഇങ്ങനെ പൊട്ടിമുളച്ച് വന്നതാണ് ജീവൻ ഉൾപ്പെടെ അതുകൊണ്ട് നീ അതാണ് ഞാനൊന്ന് നിഷേധിക്കുന്നു ശ്രുതി എന്നെ നിഷേധിക്കുന്നു ഭാഷയാരൻ മാത്രമല്ല പറഞ്ഞ് സദേവ സൗമ്യ അതുകഴിഞ്ഞു അസദൈവ രണ്ടാമത് എന്നിട്ട് പറയുന്ന ഇതെങ്ങനെ സംഭവിക്കും അസത്തെന്ന് അങ്ങനെ പറയാൻ പറ്റും അസത്തിൽ നിന്നും ഉണ്ടാകത്തില്ല അങ്ങനെ നിഷേധിക്കുന്നു നിഷേധിച്ചാൽ ഒറ്റയടിക്ക് നിഷേധിക്കാൻ പറ്റത്ത അതല്ല എന്ന് പറഞ്ഞതുകൊണ്ട് പറയണം ഒരാൾ പറയുന്ന ഇത് എന്തുകൊണ്ട് ശൂന്യമായിക്കൂട ഉടനെ ഗുരു പറയുന്നത് ശൂന്യമല്ല ആശുവിന്യമല്ലാന്ന് ഒരു പറഞ്ഞതുകൊണ്ട് അവന്റെ മനസ്സിലെ വികല്പങ്ങൾ ഒടുങ്ങത്തില്ല ചിന്തിക്കരുതെന്ന് ആവശ്യപ്പെടാൻ പറ്റത്തില്ലല്ലോ ഞാൻ പറയുന്നതാണ് സത്യം ഞാൻ പറയുന്നാലും ശരി നീ അതങ്ങ് മനസ്സിലാക്കിയാൽ മതി അതി കൂടുതലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മനസ്സിന്റെ വികല്പങ്ങളെ ഇല്ലാതാക്കാൻ കാരണം അത് കാരണമായിരിക്കുന്ന സംസ്കാരം അവിടെയുണ്ടോ അത് പ്രാകൃതമാകും അല്ലെങ്കിൽ സംസ്കൃതമാകും സംസ്കാരം ഒരിടത്തോളം കാലം മനസ്സിന് വികല്പങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ പിന്നെ ദ്വൈതമാർഗത്തെ അവലംബിക്കുന്നു എന്താണ് മനസ്സിനെ അങ്ങനെ നിരോധിക്കുക ചിന്തയ്ക്ക് ഇടം കൊടുക്കരുത് എവിടെയെങ്കിലും ഒരിടത്ത് മനസ്സിനെ ഏകാഗ്രമാക്കി വൃത്തികളും നിരോധിക്കുക മനസ്സിന് നേരെ മനസ്സിന്റെ മറ്റു ഭൂമികളിലേക്ക് എത്തിക്കുക സമാധി അത് മനസ്സിലാക്കുക എന്നാ പറ്റും പക്ഷെ അത് പരിഹാരമില്ല ഇവിടെ ഭാഷകാരം പറയുന്നതനുസരിച്ച് അത് മുക്തിക്ക് ഉതകല് ഉതകില്ല മുക്തിക്ക് സമാധി ഉതകത്തില്ല വിനെയോ ജ്ഞാനമേ ഉതകത്തുള്ളൂ അദ്വൈതയുടെ നിലപാട് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന അദ്വൈതമാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയും രണ്ടും ഒന്നാണെന്ന് ധരിച്ചിരിക്കുന്നതുകൊണ്ടും കൂടെ ആ പറയുന്നു അപ്പോൾ അവിടെ വീണ്ടും വികല്പങ്ങൾ വരും ഗുരു പറഞ്ഞതുകൊണ്ട് മാത്രം അത് സ്വീകരിക്കത്തില്ല ചോദ്യം മനസ്സിൽ വരും അത് വികല്പം എന്ന് പറയുന്നു അതെങ്ങനെ സംഭവിക്കും എന്തുകൊണ്ട് ശൂന്യമായി കൂടാ ശൂന്യമല്ലെന്ന് പറഞ്ഞാൽ ഉടൻ അതിന് വിപരീതമായി ചിന്ത വരും അതാണ് അടുത്ത് വീണ്ടും പറയുന്നത് പറയുന്നുീജനാശം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ബീജം എന്ന് പറയുന്നത് അവർ പറയുന്നത് അതിന്റെ ആകൃതി ആ രൂപം ബീജാകാര സംസ്ഥാനം പറയുന്നു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എന്നുള്ള അർത്ഥം ഒന്നും കൊടുക്കരുത് ആ ബീജാകൃതി ആ ബീജരൂപം മൊത്തത്തിൽ നമ്മൾ ബീജമെന്ന് പറയുന്ന ഒരു വസ്തു ഒരു നെൽമണി എടുത്തു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു അപ്പോൾ ഇത് നെൽവിത്താണോ ഒരു പയറിന്റെ വിത്തെടുത്തു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് ഇത് പയർവിത്താണോ അത് കാണുമ്പോൾ നമ്മളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് എന്താണ് അതാണ് ബീജാകാര സംസ്ഥാനം എന്ന് പറയുന്നത് അവന് പറയുന്നതാണ് അവര് അങ്ങനെ എന്തോ ഒരു പ്രത്യേകതകൾക്കുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് നെല്ലെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നെൽമണിയോ ഒരു പയർ വിത്തോ എടുത്തു അതിനെ അതിന്റെ അതിനെ ശകലങ്ങളാക്കി അതിന്റെ അവയവങ്ങളെ പരിശോധിച്ചിട്ടല്ല ഇത് നെല്ലെന്നറിയുന്ന അല്ലെങ്കിൽ പയർ എന്നറിയുന്നു അങ്ങനൊരു പരിശോധനയുടെ ആവശ്യം ഇപ്പം നെൽവിക്കെന്ന് പറയുന്ന അതൊന്നും നമ്മൾ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞത് അതാണ് നെൽവിക്കുന്നത് ഇപ്പോൾ സസ്യം ഉണ്ടാകുമ്പോൾ അത് നശിക്കുന്നു ഇല്ലയോ അതാണോ ചോദിക്കുന്നു നശിക്കുന്നുണ്ടല്ലോ മറ്റവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ പറയുമായിരിക്കും അത് രണ്ടാമത് ചിന്തിക്കുക അത് നശിക്കുന്നുണ്ട് ഞങ്ങൾ സമർത്ഥിക്കും തൽക്കാലം നെല്ലിൽ തുറന്നു നമ്മൾ കാണുന്ന ആ ബീജത്തിൽ അങ്ങനെ നമുക്ക് ബീജാകാര സംസ്ഥാനം ഒന്ന് പേരുള്ളൂ അത് നശിക്കുന്നുണ്ടോ സസ്യം ഉണ്ടായപ്പോ അത് നശിച്ചോ ഇല്ലയോ അത് നശിച്ചു അപ്പൊ നാശത്തിൽ നിന്ന് തന്നെ സസ്യം ഉണ്ടായി ഇതാണോ മഹാവിനാശിന്മാർ പറയുന്നത് ഇനി ബീജ അവയവത്തിലേക്ക് തന്നെ അവിടെ അവരിത് തന്നെ പറയും ശരി അതിനെ നിങ്ങളൊരു നൂറ് കഷണങ്ങളാക്കുക അത് ഒന്നിനെടുക്കുക ശരി ആ ഒന്ന് സസ്യം ഉണ്ടായപ്പോ ഉണ്ടായിരുന്നു അതും പോയല്ലോ കാരണം അത് ബീജത്തിന്റെ അവയവമായിരുന്നല്ലോ സസ്യത്തിന്റെ അവയവം അല്ലല്ലോ നശിച്ചു അങ്ങനെ നശത്തിൽ നിന്നാണ് ഉണ്ടായിരുന്നു അതിൽ ആദ്യം ആ ബീജത്തെ തന്നെ എടുക്കാം അതിന് ബീജം എന്ന് പറയുന്നതിന് പേരും പറയുന്നു ബീജാകാര സംസ്ഥാനം അത് നശിക്കുന്ന ഒന്നാണ് അപ്പോ ഇവിടെ ചോദിക്കുന്നത് തദ്ബീജാവയവം വ്യതിരേകയാണ് വസ്തുഭൂതം വൈനാശിക ലഭ്യത നിങ്ങളീ നശിക്കുന്നു പറയുന്ന ഈ സാധനം അത് ഈ അതിന്റെ അവയവങ്ങളിൽ നിന്ന് വേറിട്ടെ ഒന്നാണോ അതിനെ അവയവങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ കഴിയുക എന്നുള്ള ഒന്നാണോ എന്ന് പറഞ്ഞാൽ അതിനൊരു നൂറ് ശകലങ്ങളാക്കി മാറ്റിയാലും പിന്നെ അതവിടെ കാണുമോ അതിന് നിലനിൽപ്പുണ്ടോ ഇല്ല അപ്പൊ അത് സ്വതന്ത്രമായ നിലനിൽപ്പുള്ള ഒന്നാണോ അങ്ങനെ അസ്തിത്വമുള്ളതൊന്ന് സസ്യം ഉണ്ടായപ്പോൾ നശിച്ചെന്നാണോ നിങ്ങൾ പറയുന്നത് അതവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല കാരണം അസ്തിത്വമുള്ള ഒന്നിൻ്റെ നാശം അംഗീകരിക്കാൻ പറ്റില്ല കാരണം സർവനാശമാണ് മഹാവൈനാശികന്മാരാണ് സർവനാശത്തിൽ നിന്നാണ് ഇതെല്ലാം നിലനിൽക്കുന്നത് അതുകൊണ്ട് ബീജാകാര സംസ്ഥാനം ബീജാതിരെയൊക്കെയാണ് വസ്തുഭൂതം എന്നാ വൈനാശികൾ അഭിമുഖ അവരോ അത് സ്വീകരിക്കുന്നില്ല ഒന്നിന്റെ അസ്തിത്വം സ്വീകരിക്കുന്നില്ല ബീജത്തിന്റെ അസ്തിത്വം സ്വീകരിക്കുന്നില്ല ഇത് അങ്കുര ജന്മനിക്ക് ഉപമർദ്ദിക്കതാ ചോദിക്കുന്നു ആ സസ്യം ആ ബീജം നശിച്ചു എന്ന് പറയുന്നു അപ്പോ അതുവരെ അതുണ്ടായിരുന്നു നാശം വരെ അതിന്റെ അസ്തിത്വത്തെ നിങ്ങൾ സ്വീകരിച്ചു സ്വീകരിച്ചെങ്കിൽ സർവ്വനാശത്വമാണിതിന് കാരണമെന്ന് പറയാൻ പറ്റത്തില്ല നാശത്തിന് മുമ്പൊരു അസ്തിത്വം ഉണ്ടായിരുന്നു ഇനി മറിച്ച് അധ തത് അസ്ഥി അവയവ്യതിരിക്തം വസ്തുഭൂതം തഥാജ സി അഭ്യൂമവിരോധം അപ്പോ വൈനാശികന് പറയേണ്ടി വരും ശൂന്യവാദിക്ക് പറയേണ്ടി വരും ആ അങ്ങനെ ഒന്നുണ്ടായിരുന്നു അത് നശിച്ചു അപ്പോ അത് ശൂന്യവാദം നാശത്തിന് മുമ്പ് ഒരു വസ്തുണ്ടായിരുന്നു ഉണ്ടായിരുന്ന വസ്തു നശിച്ചു അതിൽ നിന്ന് വീണ്ടും ഉണ്ടായി എന്നെല്ലാം പറയുമ്പോ ശൂന്യവാദം പോയി അപ്പൊ ശൂന്യത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന് പറയുന്നത് ശരിയാകത്തില്ല അഭ്യൂമ വിരോധത നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ വിശദീകരിക്കുകയാണ് അതുകൊണ്ട് പറയുന്നു അധസമൃദ്ധിയ അഭ്യവാദം ബീജ സംസ്ഥാന രൂപ അപ്പൊ അവസാനം ഒരു അദ്വൈതിയുടെ അതേ അടവ് തന്നെ സ്വീകരിക്കുകയാണ് പതിനെട്ടാമത്തെ അടവ് അദ്വൈതിയെ സംബന്ധിച്ച് ഉത്തരം മുട്ടുമ്പോഴെല്ലാം പറയുന്ന ഒരു സമാധാനം ഉണ്ട് എന്താണോ മായ സമാധാനം പറയാൻ പറ്റി എനിക്ക് പറയാം അത് മായ മായ എന്തോ അത് പിടികിട്ടാത്ത കാര്യം അപ്പൊ നിനക്കും പിടിയില്ല എനിക്കും പിടിയില്ല അതുപോലെ സംഭവം ബൌദ്ധ സാഹിത്യത്തെ പറയുന്ന പേരാണ് സമൃദ്ധി ഇതുപോലെ ഉത്തരം പൊട്ടുമ്പോൾ പകരം പ്രയോഗിക്കുന്ന ഒരു സാധനം സമൃദ്ധി അഭിപ്രായം ബീജസംസ്ഥാനം പറയുന്നു ആ ബീജ എന്ന് പറയുന്ന അതുണ്ടല്ലോ അങ്ങനെ ഒന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അത് ഭ്രാന്തി ഭ്രാന്തി കൊണ്ട് സ്വീകരിക്കുന്നു സത്യമായിട്ടല്ല അപ്പോ ീജാകാര സംസ്ഥാനം എന്ന് പറയുന്ന ആ ഭ്രാന്തി അത് അപ്പൊ സത്യം ആയി ഉണ്ടായിരുന്ന ഒന്നും വരുന്നില്ല ആ ശൂന്യത്തിൽ ഭ്രാന്തി ഉണ്ട് എന്ന് പറയാം അദ്വൈതി പറയും പോലെ ബീജസംസ്ഥാന ഊർജ്ജ രീതി കെ എം സമ്പ്രദാമ ശരി നിങ്ങൾ അങ്ങനെ അവിടെ സമൃദ്ധി എന്ന് പറയുന്ന ഒന്ന് എന്താണ് ഈ സമൃദ്ധി ശൂന്യവാദിയോട് അദ്വൈതി ചോദിക്കുകയാണ് ഈ മാസവും അഭാവ ഉദഭാവ അത് അഭാവമാണോ ഭാവമാണോ യോ ആ അതിനവർക്ക് അഭാവമായി സ്വീകരിക്കേണ്ടി വരും കാരണം സർവ്വശൂന്യമാണ് ശൂന്യമല്ലാതെ ഒന്നിനെ സ്വീകരിക്കാൻ പറ്റും സമൃദ്ധി എന്താണ് സമൃദ്ധി എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു ഒരു ഭ്രാന്തി അത് ഭാവമാണോ അഭാവമാണോ അഭാവമാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇതുവരെ ദൃഷ്ടാന്ത അഭാവം യുക്തി ഇല്ല ദൃഷ്ടാന്തമില്ലെന്ന് പറഞ്ഞാൽ യുക്തിയില്ല അങ്ങനെ അഭാവത്തിൽ നിന്ന് ഒരു ഭാവം ഉണ്ടാകുന്നു സമൃദ്ധി അഭാവമാണ് അപ്പോൾ ആ സമൃദ്ധി രൂപത്തിലുള്ളതാണ് ബീജ സംസ്ഥാനം അതിലെന്ന് സസ്യം ഉണ്ടായിന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിപ്പോ അഭാവത്തിൽ നിന്ന് സസ്യം ഉണ്ടായി ശരി അതിനൊരു ദൃഷ്ടാന്തത്തെടുത്ത് എവിടെയെങ്കിലും അഭാവത്തിൽ നിന്ന് ഒരു ഭാവം ഉണ്ടായിരുന്നു യുക്തില്ല യുക്തി ദുഷ്ടാന്തമുണ്ടെങ്കിലേ യുക്തി സർവത്ര യുക്തി എന്ന് പറയുന്നത് ദുഷ്ടാന്തത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് സംഗ്രഹസർപ്പം ദുഷ്ടാന്തം പറയുന്ന എന്താണ് എന്റെ അർത്ഥം ഞാൻ പറയുന്ന കാര്യത്തിന് ഒരു യുക്തിയുണ്ട് പ്രമാണവും യുക്തിയും രണ്ടും രണ്ടാണ് പ്രമാണമെന്ന് പറയുമ്പോൾ ഞാനിത് കാണുന്ന പ്രത്യക്ഷം ഇവിടെ എനിക്ക് എന്റെ ഇന്ദ്രിയങ്ങൾ പ്രമാണമായിരിക്കുന്നു അല്ലെങ്കിൽ എന്റെ ഇന്ദ്രിയങ്ങളും ഞാൻ കാണുന്ന ഈ വസ്തുവുമായിട്ടുള്ള ബന്ധം അത് പ്രമാണമായിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളെ കൂടെ ഈ വസ്തുവിനെ വെളിപ്പെടുത്തി തരുന്ന ആ മനസ്സ് അത് പ്രമാണമാണ് അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ മനസ്സ് ഇതെല്ലാം കൂടെ കൂടി ചേർന്ന് ഇത് പുസ്തകമാണ് നിൻ്റെ ഉള്ളിലുണ്ടായ അറിവ് അത് പ്രമാണമാണ് ഇതൊക്കെ പ്രമാണങ്ങളാണ് അപ്രത്യക്ഷ അനുമാന വമാന ശബ്ദം അർത്ഥാപുത്തി അനുപലബ്ധി എന്നിങ്ങനെ പലതരത്തിൽ പറയുന്നു യുക്തി അതല്ല യുക്തി എന്ന് പറയുന്നത് ഒരു കാര്യം പറയുമ്പോൾ അതിനെ മറ്റൊരു സ്ഥലത്ത് സമർത്ഥിക്കണം ഞാനൊരു സിദ്ധാന്തം പറയുമ്പോ ആരോടാണോ പറയുന്നത് പറയുന്നവനും കേൾക്കുന്നവനും രണ്ടുപേർക്ക് സമ്മതമായ മറ്റൊരു സ്ഥലത്ത് മൂന്നാമതൊരു സ്ഥലത്ത് അതിനെ സമർത്ഥിക്കണം അതാണ് യുക്തി എന്നുവെച്ചാൽ ദൃഷ്ടാന്തം എന്നർത്ഥം അതാണ് ഇപ്പൊ മൃത്യകാ ദൃഷ്ടാന്തം ഒരു കാരണത്തിൽ നിന്നും അത് പ്രമാണമല്ല പറയണ ഒരു കാരണത്തിൽ നിന്നും ഒരു കാര്യം ഉണ്ടായാൽ ആ കാര്യം കാരണം തന്നെ ഇതൊരു സിദ്ധാന്തം അങ്ങനെ ഞാനൊരു സിദ്ധാന്തം പറയും കേൾക്കുന്നവനത് ബോധ്യപ്പെടണം അവന് ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാക്കുന്ന ഒരു രണ്ട് കൂട്ടർക്ക് സമ്മതമായ ഒരു സ്ഥാനം അവന് കാണിച്ചു കൊടുക്കും എന്ന് പറയുന്നു ദൃഷ്ടാന്തമായി പറയുന്നു മൃത്തുക ആ മൃത്തിൽ നിന്നും പാത്രമുണ്ടായി അപ്പൊ പാത്രം മൃത്ത് തന്നെ ഇത് പറയുന്നയാളിനും കേൾക്കുന്ന ആളിനും ഇത് നിഷേധിക്കാൻ പറ്റത്തില്ല ദൃഷ്ടാന്തം ഇപ്പോഴും പ്രാപഞ്ചികമായി ഈ പ്രപഞ്ചത്തിൽ നിന്നായി അത് പ്രത്യക്ഷം തന്നെ ആയിരിക്കണം തന്നെ അല്ലാതെയും വരാം സാധാരണഗതി പ്രത്യക്ഷമായ ഒന്നിനെ തന്നെ കാണിക്കുന്നു അപ്പം ദൃഷ്ടാന്തം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ പറഞ്ഞത് യുക്തിയുക്തമാണ് അനുമാനത്തിലൂടെയും ദൃഷ്ടാന്തങ്ങൾ എടുക്കാറുണ്ട് സാധാരണ യുക്തിവാദം യുക്തിവാദി എന്ന് പറയുന്നവരെന്താണ് അവര് പ്രത്യക്ഷമായതിനെ മാത്രം പ്രത്യക്ഷ ദൃഷ്ടാന്തങ്ങൾ മാത്രം സ്വീകരിക്കുന്നവരാണ് പക്ഷെ യുക്തിന്ന് പ്രത്യക്ഷ ദൃഷ്ടാന്തം തന്നെ വേണമെന്നില്ല പ്രത്യക്ഷമല്ലാത്ത കാര്യങ്ങൾ ദൃഷ്ടാന്തമായിട്ടെടുക്കിവിടെ പറയുന്ന നിങ്ങൾ പറയുന്ന കാര്യത്തിന് യുക്തിയുണ്ടോ ദൃഷ്ടാന്തമുണ്ടോ ഒരു സ്ഥലം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ ശൂന്യതയിൽ നിന്നൊരു വസ്തുണ്ടായിരുന്നു ഞാൻ പറയുന്ന സിദ്ധാന്തത്തിന് കാണിക്കാത്ത സ്ഥലമുണ്ട് സത്തിൽ നിന്ന് കാര്യമുണ്ടായി അത് മൃത്തുക അതാണ് ദൃഷ്ടാന്തം നിർത്തിയ സത്താണ് കാര്യം അതിൽ നിന്നുണ്ടായി നിങ്ങൾ പറയുന്നതിനൊരു ദൃഷ്ടാന്തം പറയുക ദൃഷ്ടാന്തം പറഞ്ഞിട്ട് യുക്തിയില്ല യുക്തിയില്ലെങ്കിൽ അസ്വീകരിക്കാൻ സാധ്യമല്ല അപ്പോ അത് തള്ളിക്കളി അവസാനം ഭാഷകാരൻ തൻ്റെ ദൃഷ്ടാന്തം പറയും രജിസർപ്പ ദൃഷ്ടാന്തം പറയാൻ പറ്റത്തില്ല കാരണം രജ്ജു സർപ്പ ദൃഷ്ടാന്തത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സത്തിനെ സ്വീകരിക്കേണ്ടി വരും അതിശൂന്യവാദികൾക്ക് അത് സ്വീകരിക്കാൻ പറ്റത്തില്ല കാരണം അവിടെ ഭ്രാന്തിക്കൊരാധാരമുണ്ട് എന്താണ് കയർ കയറിലാണ് സർപ്പഭ്രാന്തി അപ്പൊ സത്തിലാണ് ഭ്രാന്തി എന്നവർക്ക് അംഗീകരിക്കേണ്ടി വരും അതല്ലാതവര് സ്വീകരിക്കത്തി ദൃഷ്ടാന്തം ഈ ഭ്രാന്തി എന്ന് പറയുന്നത് അഭാവമെന്ന് അവർക്ക് പറയാൻ പറ്റും സത്തെന്ന് പറയാൻ പറ്റത്തില്ല സത്തിൽ ഭ്രാന്തി എന്ന് സ്വീകരിക്കാൻ പറ്റത്തില്ല അഭാവത്തിൽ ഭ്രാന്തി എന്ന് പറഞ്ഞാൽ പറയുക എവിടെ അഭാവത്തിൽ ഭ്രാന്തി ഉണ്ടായിരുന്നു ആ ഭ്രാന്തി എന്ന സ്വയം അഭാവം എന്ന് പറയുന്നത് എവിടെയാണ് അതൊന്നും സമാനം പറയാൻ കഴിയത്തില്ല അതുകൊണ്ട് ശൂന്യവാദം നനക്കത്തില്ല വെറുതെ ആൾക്കാർ പറയും ഇങ്ങനെയെല്ലാം പൂർവികന്മാർ ആചാര്യന്മാര് ചർച്ച ചെയ്തിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ട് എന്നൊന്നും മനസ്സിലാക്കാത്ത ആധുനിക മന്ദബുദ്ധിജീവികൾ അവർ പറയും എന്താണ് ആ ശൂന്യത്തിൽ നിന്നാണ് ഉണ്ടായത് എന്താ ശൂന്യം ഒന്ന് ബൗദ്ധന്മാർ തന്നെ പിന്നീട് മാധ്യമകാരികയിലും ഒന്നും വന്നിപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് അവർക്ക് സമാധാനം പറയാൻ കഴിയാവുന്ന അവരുടെ ശൂന്യവാദത്തെ അവർ പരിഷ്കരിച്ചു അവര് പറഞ്ഞത് സത്തല്ല അസത്തല്ല സത് അതൂഹമല്ല ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അവസാനം അത് ഈ അദ്വൈതി പറയുന്ന സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നു ശിവന്യം ഈ പറയുന്നത് ശൂന്യവാദം എന്ന് പറയുന്നത് ശങ്കരാചാര്യക്ക് മുമ്പുള്ളതാണ് അത് ശങ്കരാചാര്യ വാദത്തിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോയതാണ് അങ്ങനെയാണ് ശങ്കരാചാര്യ അദ്വൈതത്തെ സ്ഥാപിച്ചത് അപ്പോൾ ഈ ശങ്കരാചാര്യം നിഷേധിച്ച എല്ലാവരും പ്രധാനമായും ശങ്കരാചാര്യം നിഷേധിച്ച ഒന്ന് ന്യായവൈശേഷി ഇന്ന് മറ്റൊന്ന് ബൌദ്ധ ഇവ രണ്ടുപേരെയാണ് കൂടുതൽ നിഷേധിച്ചിട്ടുള്ളത് ഭാഷ ഇവർ രണ്ടുപേരും ശങ്കരാചാര്യർക്ക് ശേഷം അവര് ചിന്തിച്ച് അവസാനം ഇവർ രണ്ടു കൂട്ടർ അദ്വൈതികളായി ഇന്ന് ശൂന്യവാദം എന്ന് പറഞ്ഞാൽ അദ്വൈതം തന്നെ ന്യായവൈശേഷികന്മാരും അവസാനം നവ്യന്യായും അവരിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം അനർവചനീയത്തിൽ അത് സംഗ്രഹായിട്ട് പറയുന്നിടത്ത് എത്തിച്ചേർന്നു എതിർത്തിട്ട് അവസാനം ആ വഴിക്ക് തന്നെ വന്നു യുക്തിയിലൂടെ ചിന്തയിലൂടെ അവിടെ എത്താൻ പറ്റും അല്ല ഈ പറയുന്നിടത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല ിൽക്കാലം സംഭവിച്ചാണ് ഇവിടെ ശങ്കരാ പറയുന്നത് അത് ശരിയാവത്തില്ല ദുഷ്ടാന്തഭാവ പിന്നെ എന്താണ് ഈ സമ്പ്രദി അത് അഭാവം അല്ലെങ്കിൽ പിന്നെ അഭാവമായിരിക്കും ഭാവമൊന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ തഥാപി നഭാവം അത് അംഗ്രഹത്പത്തി അപ്പം എന്ത് പറയേണ്ടി വരും ആ ബീജ സംസ്ഥാനം ബീജ സംസ്ഥാനം ആ ബീജ ആകാര സംസംസ്ഥാനം എന്ന് പറയുന്നത് ഒരു ഭാവവസ്തുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഥാപിതാഭാവത് അങ്കുരത്പത്തി അഭാവത്തിൽ നിന്നും ഉണ്ടായില്ല ശൂന്യവാദം പോയി മറിച്ച് ബീജ അവയവഭ്യൂഹി അങ്കുരോത്പത്തി അത് ഞങ്ങളും സമ്മതിക്കുന്നു അദ്വൈനി പറയുകയാണ് ആ ബീജം നശിച്ചിട്ട് തന്നെയാണ് അങ്കുരം ഉണ്ടായത് ഭരം ഉണ്ടായപ്പോൾ ബീജം നശിച്ചു അനോപ്ര വ്യത്യാസം പക്ഷെ നിങ്ങൾ കാണുന്ന ആ നെൽ വിത്ത് നശിച്ചെങ്കിലും അവിടെ ശേഷിച്ചത് കൊണ്ടെന്താണ് അതിൻ്റെ അവയവങ്ങൾ അതിൻ്റെ ആംശങ്ങളിൽ നിന്നാണ് ഉണ്ടായത് സസ്യം അംശങ്ങളെന്താ അത് ഭാവമാണ് അത് നശിച്ചു പറഞ്ഞാൽ അങ്ങനെ ആ ബീജത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാവങ്ങളിൽ നിന്നാണ് ഈ സസ്യം ഉണ്ടായിരിക്കുന്നത് ഭാവത്തിൽ നിന്നാണ് അഭാവത്തിൽ നിന്നല്ല അങ്ങനെയാണെങ്കിൽ ഈ സൃഷ്ടി ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത് സൃഷ്ടിയെ കുറിച്ച് പറയുന്നുണ്ട് വിശദമാണ് ഈ പഞ്ചഭൂതങ്ങളിലൂടെ പ്രകടമായത് ഒരു അഭാവത്തിൽ നിന്നല്ല ഭാവത്തിൽ നിന്നാണ് സത്തിൽ ചോദിക്കുന്നു അസത്തിൽ നിന്ന് ഇതുകൊണ്ടായിങ്ങനെ പറയാൻ കഴിയും പക്ഷെ അസത്തെന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നതിന് ദോഷം അദ്വീതത്തിൽ അസശബ്ദം ഉപയോഗിക്കും അവിടെ എന്താണ് പറയുന്നത് അസത്തെന്ന് വെച്ചാൽ ഒരു അവ്യാകൃത രൂപം എന്നുവെച്ചാൽ അത് ഇതെല്ലാം അവിടെയുണ്ട് പക്ഷെ ഒന്നും പ്രകടമാകുന്നില്ല മണ്ണ് അത് പാത്രത്തിന്റെ അവ്യാകൃത രൂപമാണ് പത്രത്തിന്റെ അവ്യാകൃതത്തിൽ പോകുന്നത് അതവിടെ ഉണ്ടായിരുന്നു അവ്യാകൃതയില് പോകുന്നത് ഇതില്ലാത്തതാണോ അതവിടെ ഉണ്ട് പക്ഷെ അതിനെ വ്യാകൃതമായി അപ്പൊ ആ മണ്ണിനെ നമുക്ക് അസത്തെന്ന് പറയാം സത്തെന്ന് പറയാം രണ്ട് ശബ്ദം ഉപയോഗിക്കാം സത്തെന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ താല്പര്യം കേവനം കാരണമാണ് കാര്യമായ പാത്രത്തിന് കാരണമാണ് അത് അസത്തെന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം ഈ കാര്യമായ ഇത് അവിടെ തന്നെ ഉണ്ടായിരുന്നു വേറെ ദുഷ്ടാന്ത ശിലയുടെ ശില്പത്തിന്റെയും ദുഷ്ടാന്ത ശിലന്നു പറയുന്ന ശില്പത്തിന്റെ അഭ്യാകൃതരുന്ന് പറഞ്ഞാൽ ആ ശില്പം ശിലയിൽ ഉണ്ടായിരുന്നു ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ മണ്ണിൽ പാത്രം ഉണ്ടായിരുന്നു പക്ഷെ അത് ആ പാത്രത്തെ മണ്ണിൽ നിന്ന് തെളിയിച്ചെടുക്കാൻ കുലാലിനെ കഴിയും അതിന് പ്രത്യേകമായ കരവീരത ഉള്ള ഒരാൾക്കത് കിട്ടത്തു പക്ഷെ മണ്ണിൽ അഭ്യാകൃതമായതുണ്ട് അതുകൊണ്ട് അതിനത്വം എന്ന് പറയുന്നു എന്നുവെച്ചാൽ അത് അതിനെ അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കണം മണ്ണ് സ്വയം അതിനെ ഒളിപ്പിച്ചിരിക്കണം അപ്പൊ ശില്പിക്കേ സാധ്യമാകും എന്താണോ അതിനെ വ്യാകൃതമാക്കണം ശില്പി എന്ത് ചെയ്യുന്നു ആ ശിലയിൽ നിന്ന് ശില്പത്തെ വ്യാകൃതമാക്കും ശില്പം എന്തായി ശില എന്തായി അവ്യാകൃതം എന്ന് പറയും അത് കാരണമാണ് ശില്പത്തിന് കാരണമായതുകൊണ്ട് അതിനെന്തുപറയും സത്ത് എന്ന് പറയും അവ്യാകൃതമായതുകൊണ്ട് അസത് എന്ന് പറയും അപ്പൊ സത്ത് അസത്ത് രണ്ട് ശബ്ദങ്ങളും അദ്വീതത്തിൽ ആർത്ഥത്തിൽ ഉപയോഗിക്കും മനസ്സ് അസത്തെന്ന് പറയുന്നത് ശൂന്യം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് അസത്തിന് ശൂന്യം എന്നർത്ഥം കൽപ്പിക്കുമ്പോഴാണ് നിഷേധിക്കുന്നത് അസത്തിന് അവ്യാപൃതം എന്നുള്ള ശബ്ദം കൽപ്പിച്ചുകഴിഞ്ഞാൽ നിഷേധിക്കുന്നത് കാരണം അതിൻ്റെ ദൃഷ്ടാന്തമുണ്ട് യുക്തിയുണ്ട് നമ്മൾ കാണുന്നു കേവല ചില മാത്രമാണ് കണ്ടത് പക്ഷെ അവിടെ ശില്പം പ്രകടമാക്കി പ്രകടമാക്കി അതവിടെ ഉള്ളത് തന്നെയാണ് ഇല്ലാത്ത അങ്ങനെ ഉണ്ടാവും അതുകൊണ്ട് അഭാവത്തിൽ നിന്നല്ല ഉണ്ടായത് ബീജം നശിച്ചു സത്യമാണ് പക്ഷെ അവിടെ ഉണ്ടായതെന്താണ് ഭാവത്തിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ നിന്നാണ് പക്ഷെ അതങ്ങനെ പെട്ടെന്ന് സമ്മതിച്ചു കൂട്ടരല്ല വൈനാശികർ അവർ വീണ്ടും ചോദിക്കുന്നു അവയവൃദ്ധിയും ധരിച്ച് പറയുന്നു നിങ്ങൾ പറയുന്നു ബീജം നശിച്ചു അവയവമുണ്ടെന്നും പക്ഷെ സസ്യം ഉണ്ടായപ്പോൾ ഏതാ അവയവം അതും നശിച്ചല്ലേ അതും നശിച്ചുപോയല്ലോ പിന്നെ വീണ്ടും അവയവത്തിൽ ചെന്ന് നിൽക്കുന്ന എന്താണ് പറയുന്നത് കഴിഞ്ഞാൽ ഇവിടെ അദ്വൈതി പറയുന്നത് അംഗീകരിച്ചു എന്താണ് ബീജം നശിച്ചു ബീജനാശത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവയവനാശത്തെ അംഗീകരിക്കും എന്തായാലും ഇപ്പോൾ സസ്യം എന്ന് പറയുന്നത് വേറിട്ടൊരു സാധനമാണ് അത് ബീജവുമെല്ലാം എന്റെ അവയവുമല്ല അപ്പൊ അതെല്ലാം അത്യന്തികമായൊരു നാശം അവിടെ സംഭവിച്ചു എന്തുകൊണ്ട് സ്വീകരിച്ചുവിടെ തത് അവയവേഷിത്വാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അവയവം അതിന്റെ അവയവം ഇങ്ങനെ പോകത്തില്ലേ അങ്ങനെ പോകുന്നുണ്ടല്ലോ അങ്ങനെ പോകുമ്പോ ഈ സസ്യത്തിന് ഈ ബീജത്തിൽ നിന്ന് സ്വീകരിക്കേണ്ട പല കാര്യങ്ങളുണ്ട് അത് അത് ഓരോ ഭാഗത്തുനിന്ന് സ്വീകരിക്കുന്നു അവയവങ്ങൾ സസ്യത്തിൽ അനുവർത്തിക്കുന്നു അതിന് ഒരുപാട് യുക്തികളുണ്ട് നെല്വീത്തിൽ നിന്ന് പയറുണ്ടാകുന്നില്ല പയർ വീത്തിൽ നിന്നും നെല്ലുണ്ടാകുന്നില്ല ഈ ബന്ധത്തെ നിലനിർത്താൻ അങ്കുരവും ബീജവുമായിട്ടൊരു ബന്ധമുണ്ട് ആ ബന്ധമെന്ന് പറയുന്നത് എന്റെ അവയവങ്ങളിൽ നിന്ന് വരുന്നതാണ് അതുകൊണ്ട് ഒരുതരത്തിൽ അതിന്റെ നാശം സംഭവിക്കുന്നു മറുതരത്തിൽ അതിൻ്റെ അനുവൃത്തി സംഭവിക്കുന്നു ഏതുപോലെ ഒരു തരത്തിൽ ശിലം നശിച്ചു മറുതരത്തിൽ ശില്പമുണ്ടായി ഒരു തരത്തിൽ മണ്ണ് നശിച്ചു വേറെ തരത്തിൽ പാത്രം ഉണ്ടായി പക്ഷെ ആ നാശമെന്ന് പറയുന്നത് ഇവർ പറയുന്നതുപോലെ ശുദ്ധശൂന്യമാണ് മാറ്റം സംഭവിച്ചു ചില നശിച്ചു എന്ന് പറഞ്ഞു ശില്പമുണ്ടായെന്നാണ് എന്റെ അടുത്ത് അവിടെ അഭാവത്തെ പറയുമ്പോൾ ഭാവത്തെ സ്വീകരിക്കുന്നു യഥാ വൈനാശികാനം ബീജ സംസ്ഥാന രൂപ അവയവീ നസ്തിഥ അവയവീതി നശിച്ചു നശിച്ചു എന്ന് പറയുന്ന വീണ്ടും ചോദിക്കും എന്താ നശിച്ചു ഒളും നശിച്ചു ഇല്ലാത്ത നശിച്ചു ുള്ളത് നശിഞ്ഞാൽ അവരുടെ സിദ്ധാന്തം പോയി ഉള്ളതൊന്നുമില്ല പിന്നെ അങ്ങനെ നശിക്കും ഇല്ലാത്തത് നശു എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത നശിക്കേണ്ട കാര്യങ്ങളുണ്ട് നശിക്കേണ്ട ആവശ്യങ്ങളുണ്ട് അങ്ങനെ യഥാ വൈനാശിക ആ ബീജ സംസ്ഥാന രൂപഅവിനാശി അവർ പറയുന്ന ഒരു വസ്തു സത്യമായിട്ടില്ല തഥാ അവയവാവി അങ്ങനെയാണെങ്കിൽ അവയവങ്ങളും ഇല്ലെന്ന് പറയേണ്ടി വരും ദേശാമഭി ഉപമർദ്ദത്തി അപ്പം ഇല്ലാത്തത് നശിക്കത്തുമില്ല ഇല്ലാത്തെന്ന് വെച്ചാൽ നാശം അത് പിന്നെ അങ്ങനെ നശിക്കും ഇല്ല ആലോചിക്കാതെ പറയുന്നു ശുദ്ധശൂന്യത്തിൽ നിന്നു ഇതെല്ലാം ഇങ്ങനെ വന്നു എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കത്തിൽ നമ്മൾ പലപ്പോഴും പല തത്വങ്ങളെ സ്വീകരിക്കുന്നത് നമ്മൾ കേവലം ഭാവനയെ മാത്രം സ്വീകരിച്ചുകൊണ്ടാണ് എന്റെ തത്വചിന്തയില് ഭാവനക്ക് യാതൊരു സ്ഥാനവും ഭാവന അല്ലെങ്കിൽ കല്പന അതങ്ങനെയായിരിക്കും ഇതിങ്ങനെയായിരിക്കും വിവേകികൾ ഒരു കാര്യത്തിനും കല്പനയെ സ്വീകരിക്കുന്നുണ്ട് ഭാവനകളെ സ്വീകരിക്കുന്നു നമ്മൾ ചെറുപ്പം ശ്രദ്ധയെന്നോ വിശ്വാസമെന്നൊക്കെ പറയുന്ന കേവലം നമ്മുടെ ഭാവനകളായി ഇവിടെ അതിന് യാതൊരുന്താനൊക്കെ ഇത്തിയും ഭാവന ഇണ്ടല്ലോ ഭാവനക്ക് തൽപ്പനയ്ക്ക് ദൃഷ്ടാന്തം വേണ്ട ഒരു ദൃഷ്ടാന്തം വേണ്ട ഒരാൾക്ക് ഭാവനയ്യാ ആകാശപ്പെട്ടവരെ അങ്ങനെ ഉണ്ടെന്ന് ഭാവന ചെയ്യുക പിന്നെ അവിടെ എത്തിച്ചേരാൻ ശ്രമിക്കുക അവിടെ എത്തിച്ചേരുക അവിടുത്തെ സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കുക അവിടെ ജീവിക്കുക ഇതെല്ലാം ഭാവനയിലാണ് ഭാവനയ്ക്ക് തടസ്സമുണ്ട് ഇവിടെ തത്വചിന്തയെ സംബന്ധിച്ചിടത്തോളം െന്തിനെയാണ് പിന്തുടിക്കുന്നത് ഭാവനയാണോ അതോ യുക്തിയാണ് ഇത് ഭാവനയ്ക്കൊരു സ്ഥാനമില്ല ഇവിടെ എന്താണ് ചെയ്യുന്നത് ശൂന്യവാദി എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം യുക്തി ഇല്ലാത്തോണ്ട് ശൂന്യവാദി പറഞ്ഞിരിക്കുന്നതെല്ലാം വെറും ഭാവനയാണ് കല്പനയാണ് അത് തത്വജിന്റെ അല്ല പ്രമാണത്തിന് യുക്തിക്ക് നിരക്കാത്തത് തത്വജിൻ്റെ അല്ല അത് പുരുഷാർത്ഥത്തിന് ഉപകരിക്കത്തില്ല പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആധ്യാത്മികമായിട്ടാലും ശരി ഭൗതികമായിട്ടാലും നമ്മൾ ജീവിക്കുന്നത് ഭാവനാലോകത്തിലാണ് ഏതു വിഷയത്തെ സംബന്ധിച്ചാലും ശരി ഭാവന നമ്മളെ സംതൃപ്തരാക്കും ഭാവനയിൽ നമ്മളങ്ങനെ വിഹരിക്കും ഭാവനയിൽ അങ്ങനെ ജീവിക്കും അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മീയത ഭാവനയാണ് മോക്ഷം ഭാവനയാണ് സാധനങ്ങൾ ഭാവനയാണ് പലതും ഭാവിച്ചു പലതും ചെയ്തു ഇതെവിടെ ചെന്നെത്തുമെന്ന് ഒരു പിടിയില്ല അതും ഭാവനയാണ് അങ്ങനെ ഭാവന ജീവിക്കുന്നവർക്ക് ഇത് പറ്റത്തില്ല അദ്വൈതമോ അല്ലെങ്കിൽ വിചാരമാർഗമോ ഒന്നും പറ്റത്തില്ല അവരെ സംബന്ധിച്ചിടത്തോളം ആ ഭാവനാലോകത്ത് കഴിഞ്ഞുകൊണ്ട് മറ്റെന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുക അതേ അവർക്ക് സാധ്യമാകും അവരുടെ മനസ്സ് വിചാരക്ഷമമാണ് അങ്ങനെയുള്ളവർക്ക് ഇതില്ല അവരിങ്ങോട്ട് പ്രവേശിക്കേണ്ട കാര്യം സാധാരണ നമ്മൾ പറയും സ്വപ്ന ജീവികളെന്ന് പറയും ഇത് സ്വപ്ന ജീവികൾക്കുള്ള എന്താ എന്ത് ചെയ്തു ഭാവന എന്ന് പറയും ചിലപ്പോൾ സന്തോഷം കൊടുക്കും സംതൃപ്തി കൊടുക്കും സുഖം കൊടുക്കും ഭാവനയെ ആശ്രയിച്ചാണ് ഭാവന നിലനിൽക്കുന്നിടത്തോളം അതെല്ലാം കൊടുക്കും ആശ കൊടുക്കും പ്രതീക്ഷ കൊടുക്കും അതിനൊക്കെ ഭാവനയ്ക്ക് കഴിവുണ്ട് ചിലപ്പോൾ ഒരാൾ മരണം വരെ ഭാവനയിൽ അങ്ങനെ പോയെന്നു അത് മറ്റൊരു വിഷയമാണ് ചിന്തിച്ചു വന്നപ്പോൾ ഇത് ഈ ശൂന്യവാദികൾ ഏതോ ഒരു ഭാവനാലോകത്തിലാണ് ഒരു ഭാവനയെ സ്വപ്നം കാണും അത് യുക്തിയിലൂടെ സമർത്ഥിക്കുകയാണ് ഭക്ഷ്യക്കാർ നിങ്ങൾ ഭാവനയിലാണ് നിങ്ങൾ പറയുന്നതിന് യുക്തിയില്ല ഇപ്പൊ നിങ്ങൾ എന്തിന്റെ ശൂന്യതയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് ഇല്ലാത്തതിന്റെ ശൂന്യത ഉള്ളതിന്റെ ശൂന്യത ഇല്ലാത്തതിനെന്ത് ശൂന്യത ഉള്ളതിനെങ്ങനെ സംഭവിക്കും ഭാവനയ്ക്ക് അടിസ്ഥാനം ഇല്ല ഭാവനയെ നിയന്ത്രിക്കാൻ മാറി ഒരു നിയന്ത്രണ മാർഗ സാധ്യത അതിനാതിരില്ല ഇതുവരെ പാടുള്ളൊന്നുമില്ല ചിന്തയ്ക്കങ്ങനെയല്ല ചിന്തക്ക് അടിസ്ഥാനമുണ്ട് നിയന്ത്രണമുണ്ട് അതിരുണ്ട് അതെല്ലാം ഉണ്ട് അങ്ങനെ പോകാൻ പറ്റും കാട് കയറി പോകാൻ പറ്റത്തില്ല ഭാവനയ്ക്ക് കാട് കയറാം അതുകൊണ്ടാണ് ഭാവനയെന്ന് പറയുന്നത് കേവല വികല്പം ആ വികല്പത്തെ ദൂരീകരിക്കുന്നതാണ് ചിന്ത അതാണ് വിചാരം ഭാവനയെ ദൂരീകരിക്കാനാണ് അതിന്റെ അദ്വൈതി സ്വീകരിച്ചിരിക്കുന്നത് ഭാവനയല്ല വിചാരത്തെ പക്ഷേ യുക്തിയെ സ്വീകരിച്ചു ഭാവന യുക്തിയുടെ ആവശ്യമുണ്ട് രണ്ടും വ്യത്യസ്തമായി മനസ്സിലാക്കാൻ വേണ്ടി പറയാം കാരണം നമ്മൾ കൂടുതലും ഭാവന ലോകത്തിനു അതുകൊണ്ട് പറയുക അത് തിരിച്ചറിയണം തിരിച്ചറിയാനുള്ള ശേഷിയെങ്കിലും വേണം അല്ലെങ്കിൽ പിന്നെ ഇതിലൊന്നും അർത്ഥം ഈ വേദാന്ത വേദാന്ത വിചാരത്തിലിരിക്കുമ്പോഴും നമ്മള് ഭാവന ലോകത്തിലായിരിക്കും ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മള് ഭാവന ഏതോ ലോകത്തിലായിരിക്കും ഉറങ്ങിയില്ലെങ്കിൽ ഭാവനയിലായിരിക്കും അല്ലെങ്കിൽ ഉറക്കത്തിലായിരിക്കും പ്രയോജനമൊന്നുമില്ല ഇതല്ല ഇത് അദ്വൈത വിചാരം അത് യുക്തിയിൽ ഉറപ്പിച്ചു പറയുന്നത് ഇന്നതാണ് യുക്തിയുടെ തലത്തിലെങ്കിലും അത് മനസ്സിലാകും യുക്തി കൊണ്ടത് സാധിക്കുമോ യുക്തി കൊണ്ട് സാധിക്കത്തില്ല പക്ഷെ യുക്തിയുടെ തലത്തിലെങ്കിലും ഇതിനെ ഉൾക്കൊള്ളതാണ് യുക്തിയെ വിട്ടിട്ട് കേവലം ഭാവനയില് പോയി ബ്രഹ്മത്തെ സ്വപ്നം കാണുന്ന അദ്വൈതികളുണ്ട് സ്വപ്നത്തിൽ ബ്രഹ്മ ഉണർന്നു വരുമ്പം ബ്രഹ്മമുണ്ട് ഉണർന്നു കഴിഞ്ഞാലും ഭാവനയില് കാണാൻ പറ്റുന്നു അപ്രയോനുള്ള കാര്യ എന്തിനാ അങ്ങനെ കാണാം ഇത് വിചാരദാർഢ്യം കൊണ്ട് ശ്രദ്ധിക്കുന്നതാണ് ഭാവന എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ഈ മനസ്സിന്റെ കെട്ടുവിട്ട ഒരു പോക്കാണ് മനസ്സിന്റെ ഒരു ദൗർബല്യമാണ് ഭാവന വളരെ ദുർബലമായ മനസ്സിലും ഭാവന കൂടുതലായിരിക്കും വിചാരമെന്ന് പറയുന്നത് അങ്ങനെയല്ല ക്ഷമതയുള്ള മനസ്സിലെ വിചാരസാധ്യമാണ് രണ്ടു നിങ്ങളുടെ ആ വ്യത്യാസത്തെ ഭാഷകാരം കാണിച്ചു വരുകയാണ് നീ ഭാവനയിലാണോ അതോ വിചാരത്തിലാണോ ഭാവനയിലാണെങ്കിൽ ശൂന്യത്തിലിരിക്കുന്നത് പലരും പറയുമല്ലോ ആധ്യാത്മികമായി തന്നെ സാധന ചെയ്യുന്നവരോ നീ ചിന്തിക്കുന്നവരോ ആഗ്രഹിക്കുന്നവരോ ഒക്കെ പറയും അവസാനം ചിന്തിച്ചു ഒട്ടും പിടിയും കിട്ടുന്നില്ല പറയും ഒരെത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ പറയുന്ന എന്തുകൊണ്ടാണ് ചിന്തിക്കുകയല്ല ഭാവന ചെയ്തപ്പോൾ ഒരത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ ഭാവനയും ചിന്തി വ്യത്യാസമറിയ ചിന്തിച്ചാൽ പിടി കിട്ടും ചിന്തിച്ചാൽ എത്തും പിടികു പക്ഷെ ഭാവനയിലാണെങ്കിൽ കിട്ടത്തില്ല വരിക അതിനവസാനമല്ല പറഞ്ഞില്ല അതിരില്ല നിയന്ത്രണമില്ല ആധാരമില്ല എത്തും പിടിയും ഇവിടെ ചിന്തിയിലേക്ക് കൊണ്ടുവരികയാണ് ശൂന്യവാദം ബീജ അവയവാനാമതി അന്യസൂക്ഷ്മധര അവയവഹ ഇവം പ്രസംഗ അനിവൃത്തെ സർവത്ര ഉപമർദ്ദ അനുപത്തി എവിടെയാണ് നിങ്ങൾ ശുദ്ധശൂന്യത്തിലെത്തിച്ചേരുന്നത് ബീജത്തെ അതിന്റെ അവയവത്തെടുക്കുക അതിന്റെ സൂക്ഷ്മമായ അവയവത്തെടുക്കുക അവിടുന്ന് പിന്നിലേക്ക് പോവുക പരമാണു വരെ എത്തിച്ചേരുക ഇതെവിടെ അവസാനിക്കുന്നത് ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് സത്തനെ സ്വീകരിക്കേണ്ടി സ്വീകരിച്ചു കഴിഞ്ഞാൽ ശൂന്യത്തിൽ നിന്നുണ്ടായിരുന്നു പറയാൻ പറ്റത്തില്ല സർവത്ര നാശം അന്ന് സ്വീകരിക്കാൻ പറ്റത്തില്ല ആ അതിന്റെ സൂക്ഷ്മമായ അവയവങ്ങൾ അത് ആ സസ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതാണ് സസ്യമായി മാറിയത് ഒരു പരിണാമം സംഭവിച്ചിരിക്കുകയാണ് അതവിടെ ഉണ്ട് നശിക്കുന്നില്ല ആത്യന്തികമായി അത് ആ സത്തയിലെത്തിച്ചേരും ആ സത്ത ആശ്രയിച്ചിട്ടാണ് ഈ അങ്കുരവും ബീജവും എല്ലാം സ്ഥിതി ചെയ്യുന്ന ഒന്നവസാനം സമ്മർദ്ദിക്കുകയാണ് അതാണ് അതിൻ്റെ ആദരം യുക്തി കൊണ്ട് അവിടെ എത്തിച്ചേരാം സദ്ബുദ്ധി അനുഭൂത്തേഹേ സത്വ അന്ന് വിശ്വരി സത്വാദിന സതൈവ സി ഇനി ഞങ്ങളുടെ അഭിപ്രായം എന്താണ് ഞങ്ങൾ വിത്തനെ കാണുന്നു അശൂന്യമായിട്ടല്ല അവനെ കാണുന്നു അവന് സത്തായിട്ട് എന്നെ കാണുന്നു ഞങ്ങൾ എന്താണ് പറയുന്നത് ബീജം നാസ്തി എന്നല്ല പറയും മറിച്ച് ബീജം അസ്ഥി എന്ന് ഉറപ്പിച്ച പറയും അതാണ് അനുഭവം ഞാൻ രണ്ടാക്കുക ഇതെന്താ പറയും ബീജാവയവോ സ്ഥീജത്തിൻ്റെ അവയവങ്ങളുണ്ട് പിന്നെ മൂന്നാക്കുക പറയും ബീജ അവയവാഹസന്ധി അതിൻ്റെ അവയവങ്ങളുണ്ട് അങ്ങനെ പിന്നിലേക്ക് പിന്നിലേക്ക് പോകുന്നതുകൊണ്ട് സർവത്ര അസ്ഥി അസ്ഥി അസ്ഥി എന്നുള്ള ബോധമാണ് വിടെ വരുന്നു സത്ബുദ്ധി അനുവർത്തി സർവത്ര സത്ബുദ്ധി അനുവർത്തിക്കുന്നു സത്വ അനുവർത്തിച്ച സത്വത്തിന്റെ അനുവൃത്തി ഒരിക്കലും ഉണ്ടാവുന്നില്ല എന്ന് വെച്ചാൽ അവരുടെ ശൂന്യം എന്നുള്ള അനുഭവം ഉണ്ടാവുന്നു വിജയത്തെ കോടിയംശങ്ങളാക്കുക സർവത്ര സത് അതാണ് അനുഭവം എവിടെയാണ് ഈ ശൂന്യതയുടെ അനുഭവം അതില്ല അതുകൊണ്ട് സത്വാദിനാ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണോ സദ്വാദി സൃഷ്ടി സത്തിൽ നിന്നാണ് ശൂന്യത്തിൽ നിന്നല്ല എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം സതയവ സി സത്തിൽ നിന്ന് സത്തുണ്ടാവും സത്ത് നിന്ന് സത്ത് ഉണ്ടായതെന്ന് പറഞ്ഞാൽ എന്താണ് സത്തിൽ നിന്ന് ഉണ്ടായതെല്ലാം സത്ത് തന്നെ അതാണ് ഞങ്ങളെ അതാണ് നേരത്തെ പറഞ്ഞു മൃത്തികെ തീവ്രസത്യം മൃത്തുൽ നിന്നുണ്ടായതെല്ലാം മൃത്ത് തന്നെ ഇതിനാർക്ക് നിഷേധിക്കാൻ പറ്റും ഇതിനാർക്ക് ചോദ്യം ചെയ്യാൻ പറ്റും അതിന് ദൃഷ്ടാന്തമുണ്ട് യുക്തിയുണ്ട് ഭാവനയുടെ ആവശ്യം കൂടെ ഇല്ല ഇതാണ് എന്ത്വീതം എന്ന് പറയുക ഇന്നും അസത്വാദിനാ അസത്വാദിക്കത് പറയാൻ പറ്റ ശൂന്യവാദിക്കും ദിഷ്ടാന്ത അസ്ഥി അവർക്ക് യുക്തി ഒരു കാര്യം വെറുതെ പറഞ്ഞാൽ മതി ഇതെൻ്റെ സിദ്ധാന്തമാണ് നിങ്ങളെല്ലാവരുടെ ശേഷിയന്മാരാണ് ഞാൻ പറയുന്നതിനെ നിങ്ങൾ വിശ്വസിച്ചു ഞാൻ അഭീന്ദ്രി ഞാനുള്ള ആളാണ് എനിക്ക് തപസ്സുണ്ട് സിദ്ധിയുണ്ട് ഞാൻ എന്ത് പറയുന്നത് സത്യമാണ് ഇങ്ങനെ പറഞ്ഞ് ആര് സ്വീകരിക്കും വിവേകിയിൽ സ്വീകരിക്കും പിന്നെന്ത് ചെയ്യണം എൻ്റെ യുക്തിക്ക് ബോധ്യപ്പെടുന്നു സ്വയം ബോധ്യപ്പെടുന്നു ഇവിടെ ആചാര്യന് അതാണ് ആവശ്യപ്പെടുന്നത് യുദ്ധിക്ക് ബോധ്യപ്പെടുന്നു അത് സ്വീകരിക്കും യുദ്ധിക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ തള്ളിക്കളായിരുന്നു അപ്പൊ ശൂന്യവാദത്തിന് നിഷ്ടാന്തമില്ല അതുകൊണ്ട് അത് സ്വീകരിക്കാൻ വയ്യ അസുദ സ്പത്തേ ശൂന്യത്തിൽ നിന്ന് തന്നെ ഉണ്ടായിന്ന് പറയുന്നത് സ്വീകരിക്കാൻ ആ വികല്പത്തെ ഇവിടെ പരിഹരിക്കുന്നു തിന്റെ എല്ലാം കാരണം ഒരു ശൂന്യം ശുദ്ധശൂന്യമാകാം അല്ല വിചാരത്തിന്റെ ഫലം അതാണ് ഇല്ല അവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഭാവന കടന്നു വരക്കുന്നു ശൂന്യഭാവന മറിച്ച് അവന്റെ യുദ്ധയിൽ ബോധ്യപ്പെട്ട സദ്ഭാവന തന്നെ നല്ലത് സത്വംസേജ് ഇനി ആ സത്താണോ ആ ബോധമേ അവൻ്റെ ഉള്ളിൽ പോകണം അതാണ് വിചാരത്തിന്റെ ഫലം അതില്ലെങ്കിലോ ഭാവനയിലൂടെ ചെറുപ്പം ശിവന്യത്തിലു മൃത്പുണ്ടാ ഘടോ ദൃശ്യത സദ്വാദിന സദ്വാദിയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഉദാഹരണം മൃത്തനിൽ നിന്ന് പാത്രമുണ്ടായി നൂലിൽ നിന്ന് വസ്ത്രമുണ്ടായി ജലത്തിൽ നിന്ന് തിരയുണ്ടായി നൂറും നൂറ് ദൃഷ്ടാന്തങ്ങളുണ്ടായി രജവിൽ നിന്ന് സർപ്പമുണ്ടായി അങ്ങനെ നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട് യുക്തിയുണ്ട് തദ്ഭാവീ ഭാവാ തത് അഭാവേ ഇവിടെ പ്രപഞ്ചത്തിന് ഓരോ അംശവും ഓരോ അംശത്തിൽ യുക്തിയെ ഉറപ്പിക്കാൻ പറ്റും ഏതെങ്കിലും ഒരു മൃതും ഘടവും മാത്ര മൃത്സത്വം ഘടസത്വം തന്ത്സത്വം വസ്ത്രസത്വം ഇങ്ങനെ സർവത്ത് ജലസത്യ തരംഗസത്വം ഞാൻ സർവോത്ര തദ്ഭാവേ തദ്ഭാവം തദ്ഭാവേ തദ്ഭാവം നേരെ വിപരീതമായിട്ട് മൃതഭാവേ പാത്രാഭാവം മൃതമില്ലെങ്കിൽ പാത്രമുണ്ടോ മൃതങ്ങളെ പാത്രമുണ്ടോ ജലാഭാവേ തരംഗാഭാവം ജലമില്ലെങ്കിൽ തരംഗമില്ല തന്തുഭാവേ വസ്ത്രാഭാവം തന്തുയില്ലെങ്കിൽ വസ്ത്രമില്ല തദ്ഭാവേ ഭാവ തദ്ഭാവേ ജ ഇത്രയും വ്യക്തമായി യുക്തിയിലൂടെ ബോധ്യപ്പെടുന്ന ഒരു കാര്യം വിചാരത്തിലൂടെ ബോധ്യപ്പെടുന്ന കാര്യം അത് വേറെങ്ങനെ ബോധ്യപ്പെടും അത് ബോധ്യപ്പെടുത്തില്ല അല്ലെങ്കിൽ അത് വെളിപ്പെടുത്തില്ല ഭാഷ നമ്മൾ മാറി മാറി ഉപയോഗിക്കും സൗകര്യം പോലും ആ തത്വ സാക്ഷാത്കാരം ആ വിചാരത്തിലൂടെ അല്ലാതെ സാധ്യമല്ല അതാണിവിടെ ഭക്ഷ്യകാരൻ സമർത്ഥിക്കുന്നത് വ്യക്തിയിലൂടെ അത് സാധ്യമാകും അത് ബോധ്യപ്പെടും എന്ന് പറഞ്ഞാൽ പറഞ്ഞു ബോധ്യപ്പെട്ടാൽ കേൾക്കുന്നുവെന്ന് ബോധ്യപ്പെടുന്നു കേൾക്കുന്നവന് ഈ ഭാവനാലോകത്തിലങ്ങ് ഉറച്ചുപോയാലോ കൽപ്പനാലോ അപ്പൊ അവന്റെ ഭാവനയെ ൂരീകരിക്ക രീതിയിൽ അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അതാണ് വീണ്ടും പറയുന്നത് ഇതേ വിഷയം തന്നെ വേറെ തരത്തിൽ പറയുന്നത് അഭാവ ദൈവം അക്കട ഉത്പത്തി അഘടാത്തിനാമരക്കുണ്ടോ ഉപാധി ചെയ്ത് ചോദിക്കുകയാണ് അങ്കുരം ബീജാഭാവത്തിൽ നിന്നാണ് ഉണ്ടായെങ്കിൽ നിങ്ങളെന്തിനാ ബീജം എടുത്തത് നെല്ലെന്തിനാ വയലിൽ വരച്ചത് അഭാവം പോരെ പാറപ്പുറത്തുണ്ടല്ലോ ബീജത്തിന്റെ അഭാവം അവിടെ നിന്ന് അംഗരം ഉണ്ടാവും അഭാവത്തിൽ നിന്നെ ഉണ്ടാകും ശൂന്യത്തിൽ നിന്ന് തന്നെ ഉണ്ടാവും ശൂന്യം ഇവിടെ ഉണ്ട് അവിടെ നിന്ന് തന്നെ ഉണ്ടാവും ബീജമില്ലാത്തതിനെ തന്നെ അതിന്റെ ശൂന്യമാണ് അഭാവ ദൈവ കൊടുപ്പെടുത്തിയത് അഭാവത്തിൽ നിന്നാണ് പാത്രം ഉണ്ടായതെങ്കിൽ പുലാലൻ ബുദ്ധിപാധിയതായും മണ്ണെടുത്ത് മണ്ണുരുളയാക്കി അതുകൊണ്ട് പാത്രം ഉണ്ടാക്കാൻ ശ്രമിക്കത്തില്ല ഭാവശബ്ദ ബുദ്ധിയെ അനുവർത്തിച്ച ഘടാതോ പ്രസജ്ജീത അത് മാത്രമല്ല നെൽ വിത്തിൽ നിന്ന് നെല്ലുണ്ടായതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നെല്ലാണ് പയർ വിത്തൽ നിന്ന് പയറുണ്ടാകുമെന്ന് പറയുന്നത് പയറ് ചെടിയാണ് അവിടെ എന്താണ് ആ ബീജവും അങ്കുരവും തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ കാണുന്നുണ്ട് അവിടെ ബുദ്ധിയും ശബ്ദവും നമ്മൾ പ്രയോഗിക്കുന്നു നെൽ വിത്ത് നെൽച്ചെടി പയറുവിത്ത് പയറച്ചെടി രണ്ടും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന് ശബ്ദവും ബോധവും രണ്ട് സഹായിക്കുന്നു അതുപോലെ എന്താണോ മൃത്ത് പാത്രം മൃത്തിൽ നിന്ന് പാത്രം െന്താണ് ആ പാത്രം മൃത്ത് തന്നെ ആ ബോധവുമുണ്ട് ശബ്ദവും ഉണ്ട് രണ്ടും പ്രയോഗിക്കും മൃത്തിനെ കണ്ടപ്പോഴും പറഞ്ഞു മൃത്താണ് പാത്രത്തെ കണ്ടപ്പോഴും പറയും പാത്രം അവിടെ ബോധത്തിന് മാറ്റം വന്നില്ല ശബ്ദത്തിന് മാറ്റം വന്നു മറിച്ചാണെങ്കിലോ അവര് പറയുന്നതനുസരിച്ച് നെല്ല് കാണുമ്പോൾ തോന്നുന്നു ഇത് അഭാവമാണ് കാരണം അഭാവത്തിൽ നിന്ന് തന്നെ ഉണ്ടായത് അഭാവം എന്നല്ല തോന്നുന്നത് മനസ്സിന് നെൽ ചെടിയും തോന്നുന്നത് അഭാവബുദ്ധി അനുവർത്തി അഭാവ ശബ്ദ അഭാവം എന്നുള്ള ശബ്ദവും അഭാവം എന്നുള്ള ബുദ്ധിയും ബോധവും ഉണ്ടാവും പ്രസജീത പാത്രം കാണുമ്പോൾ തോന്നുന്നു എന്നൊക്കെ ഏത് ദശി അത് സംഭവിക്കുന്നില്ല അതുകൊണ്ട് നാസദ ശബ്ദത്തെ അതുകൊണ്ട് ശൂന്യത്തിൽ നിന്ന് ഇതൊക്കെ ഉണ്ടായി എന്നുള്ള വികൽപ്പം വികല്പ ഭാവന അത് ദൂരീകരിക്കണം എന്നിട്ട് യുക്തിയിലൂടെ ബോധ്യപ്പെടണം എന്താണ് ഇതിനെല്ലാം കാരണം സത്താണോ അത് തത്വമസി ആ സത്താണോ ശൂന്യമല്ല